നമ്മൾ പല കാര്യങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പ്രിയപ്പെട്ടവർ നമ്മൾ അത്തായി എഴുതിയ സുവിശേഷത്തിൽ ബ്രദറെ വായിച്ച ഒരു വാക്യത്തിലേക്ക് നമുക്ക് വരാം അത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ആറാമത്തെ അധ്യായം ആറാമത്തെ അധ്യായത്തിൽ അവിടെ നാലാമത്തെ വാക്യത്തിൽ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമ്മൾ തുടർന്ന് അതിൻ്റെ ആറാമത്തെ വാക്യം ആറിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും കണ്ടോ മൂന്ന് മൂന്നിടത്ത് കർത്താവ് ഒരു അധ്യായത്തിൽ ആവർത്തിക്കുക രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് എന്തു തരും ഏ രഹസ്യത്തിൽ കാണുന്ന പിതാവ് രഹസ്യത്തിൽ കാണുന്ന പിതാവ് ആ പിതാവ് പ്രതിഫലം നൽകും എന്ന് പറയുമ്പോൾ അത് ആദ്യത്തേത് പ്രാർത്ഥനയുമായി അല്ല ആദ്യത്തേത് ഭിക്ഷ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അന്നൊക്കെ അന്ന് കർത്താവ് ഇത് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഈ ബൈബിളിൽ ഇതിൻ്റെ ഒരു വിശദാംശങ്ങളൊന്നും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഞാൻ ചിലപ്പോൾ എൻ്റെ ഭാവനയൊക്കെ ഉപയോഗിച്ച് ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങളെ ചിന്തിക്കാറുണ്ട് കർത്താവ് ഇതൊക്കെ പറയുമ്പോൾ ആ കേട്ടിരിക്കുന്ന ഓഡിയൻസ് കേട്ടിരിക്കുന്ന സദസ്യർ അവർ ചിലപ്പോൾ ചിലപ്പോൾ ചിരി ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആർത്ത് അട്ടഹസിച്ചിരിക്കാം ഇതൊക്കെ ഉണ്ടായിരിക്കാം കാരണം എന്താ അവിടെ ഈ പറയുമ്പോൾ അതിൻ്റെ മുകളിൽ പറയുന്നു ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നതുപോലെ നിൻ്റെ മുമ്പിൽ കാഹളം ഊദിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് നീ ചെയ്യുന്നത് എന്തു ചെയ്യരുത് നീ ചെയ്യുന്നത് രഹസ്യത്തിൽ ചെയ്യണം വലം ചെയ്യുന്നത് ഇടം കൈ രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഭാഗം പറയുമ്പോൾ സത്യത്തിൽ അന്നത്തെ പരീശന്മാർ പരീശന്മാരും ശാസ്ത്രിമാരും അവരാണല്ലോ അന്നത്തെ ഏറ്റവും ആത്മീയരായിട്ട് അറിയപ്പെട്ടിരുന്ന ആളുകൾ അവർ ചെയ്യുന്ന ഒരു കാര്യത്തോട് ചേർത്ത് പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത് നീയോ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് അവരെന്ത് ചെയ്യുമായിരുന്നു അവരാര്ക്കെങ്കിലും ഭിക്ഷ കൊടുക്കാൻ നേരത്ത് അവർ അവരുടെ മുമ്പിൽ കാഹ്ളമൂതുമായിരുന്നു കാഹ്ളമൂതു ഒരാൾക്ക് പത്ത് പൈസ കൊടുക്കുന്നു പക്ഷേ അതിനു മുമ്പിൽ വലിയ ഒരു പുരോഹിത ശാസ്ത്രി അവിടെ നിന്ന് കവലയിൽ നിൽക്കും ഉടനെ അതിൻ്റെ മുമ്പിൽ ഒരു കാഹളമ ഊതും ഉടനെ അദ്ദേഹം കൊടുക്കും എന്താ അദ്ദേഹത്തിന് പറയാനുള്ള ന്യായം എന്താ ഞാനിങ്ങനെ കൊടുക്കുന്നു ഔദാര്യമായിട്ട് നമ്മൾ കൊടുക്കണം കൊടുക്കുമ്പം അതെല്ലാവരുടെയും ശ്രദ്ധപ്പെടണം ശ്രദ്ധപ്പെട്ടാലേ ബാക്കിയുള്ളവർക്കും കൊടുക്കാനായിട്ട് ആ നിലയിൽ ഒരു ഉത്സാഹം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കാഹളമൂതുന്നത് എന്നായിരുന്നു അന്നത്തെ ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ ചിന്ത എന്നാൽ നമുക്കറിയാം അങ്ങനെ ആളുകളെ ഉത്സാഹിപ്പിക്കുമൊന്നും അല്ല അതിൻ്റെ പിന്നിലുള്ള തന്ത്രം എന്താ ഞാന് ഞാൻ വളരെ ഔദാര്യനിധിയായിട്ട് ആളുകൾക്ക് സംഭാവന ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്നൊരു പുകഴ്ച കിട്ടണം പുകഴ്ച ഓരോ തവണ അവർ സംഭാവന കൊടുക്കുമ്പോഴും ഊതു കാഹളം എന്ന് പറയും ഏഹ് കാഹ്ളം ഊതു കാഹളമൂതു ആളുകളെല്ലാം ശ്രദ്ധിക്കും കവലയിലുള്ളവരെല്ലാം ശ്രദ്ധിക്കും ഉടനെ ഓ അദ്ദേഹം അത്രയും കൊടുത്തു എല്ലാവരുടെയും ശ്രദ്ധയപ്പെട്ടു പ്രിയപ്പെട്ടവരെ നമ്മൾ ലോകത്തിലായിരുന്നപ്പം നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത് ലോകത്തിലായിരുന്നപ്പം ലോകത്തിലുള്ള ആളുകളുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ് ജീവിച്ചത് ലോകത്തിൽ അംഗീകാരം കിട്ടുന്നത് ആർക്കാണ് കിട്ടുന്നത് നമ്മൾ വളരെ മിടുക്കനാണെങ്കിൽ മിടുക്കന്മാർക്കാണ് അംഗീകാരം കൊള്ളാം അയാൾ നന്നായിട്ട് ചെയ്തു അല്ലെങ്കിൽ അയാൾ ആ കാര്യം അങ്ങനെ ചെയ്തു എന്നെല്ലാം പറയുമ്പോൾ ലോകത്തിന് ആളുകളെ അഭിനന്ദിക്കാൻ അതിൻ്റേതായ ഒരു മാർഗമുണ്ട് എങ്ങനെ പോയാലും മിടുക്കനായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിടുക്കനാകാനായിട്ടുള്ള ശ്രമമായി ഈ ലോകത്തിലായിരുന്നപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു എന്നാലത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുന്നു നമ്മളൊരു ഒരു സുപ്രഭാതത്തിൽ വിശ്വാസത്തിലേക്ക് വരുന്നു വിശ്വാസത്തിലേക്ക് വന്നപ്പം ഈ ലോകത്തിൻ്റെ ലോകത്തിൽ മിടുക്കനാകാൻ ചെയ്ത കാര്യങ്ങളല്ല ഇവിടെ വില പോകുന്നതെന്ന് മനസ്സിലായി ഇവിടെ ഇവിടെ ഭിക്ഷ കൊടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും ഒക്കെയാണ് കിട്ടുന്നത് ഇവിടെ ബഹുമാനം കിട്ടുന്നു അപ്പോൾ എന്തു ചെയ്യും നമ്മൾ പതുക്കെ ഈ വിശ്വാസ സമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി നമ്മൾ ആ നിലയിൽ ഇവിടെയും നമ്മൾ ആളുകളുടെ മാന്യത അന്വേഷിക്കാനായിട്ടൊരു സാധ്യതയുണ്ട് കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ വെള്ളിയാഴ്ച കൂടിയപ്പോഴാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഞങ്ങളിങ്ങനെ പറഞ്ഞു ഒരാൾ വളരെ ഷാബിയായിട്ട് വേഷമൊക്കെ ധരിച്ച് മീറ്റിങ്ങിന് വന്നിരിക്കുക അപ്പോൾ ബാക്കിയുള്ളവർ ചോദിക്കുന്നു എന്താ ബ്രതറ ഇന്ന് സുഖമില്ലേ സുഖമില്ലേ അപ്പോൾ പറയുന്നു സുഖക്കിടുന്നുമില്ല ഞാൻ കഴിഞ്ഞൊരു ഏഴ് ദിവസമായിട്ട് ഉപവാസത്തിലായിരുന്നു അതുകൊണ്ട് എത്ര സട്ടിൽ വെയില നമ്മൾ നമ്മളുടെ ആത്മീയമായ ഞാൻ സാധാരണക്കാരെ പോലെയല്ല ഞാൻ ഉപസിക്കുന്ന ആളാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ ഭിക്ഷ കൊടുക്കുന്ന ആളാണ് അങ്ങനെ നമ്മളും നമ്മൾ പരീക്ഷനെക്കുറിച്ചും ലേവിനെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത് പക്ഷേ നമ്മളും അറിയാതെ ഇവിടെ വരുമ്പോൾ കാഹളമൂതാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ആ സാധ്യത കണ്ടുകൊണ്ട് ഈ വാക്യങ്ങളെ നമുക്ക് ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കും വേണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പ്രയോജനം ഇല്ലല്ലോ നമുക്ക് നമുക്ക് വേണ്ടി എടുക്കാം എന്താ വേണ്ടത് രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യണം ഇതിൻ്റെ അർത്ഥം പ്രാർത്ഥന വേണ്ടെന്നോ സംഭാവന വേണ്ടെന്നോ ഉപവാസം വേണ്ടെന്നോ അല്ല പക്ഷേ അത് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമ്മുടെ ജഡത്തിലുണ്ട് ആ ശാസ്ത്രിയുടെയും പുരോഹിതൻ്റെയും അതേ ജഡം തന്നെയാണ് നമുക്കുമുള്ളത് നമ്മൾ അത് ചെയ്യുമ്പോൾ അത് അതിൻ്റെ അകത്തു നിന്നൊരു പുകഴ്ച ഇവിടെ ആറിൻ്റെ മൂന്നിൽ കണ്ടോ ആറിൻ്റെ മൂന്നാമത്തെ വാക്യം നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം അറിയരുത് നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ അതേപോലെ ചിന്തിച്ചിട്ടുണ്ടോ അതെങ്ങനെ അങ്ങനെ നോക്കുമോ എന്തുവാ കർത്താവ് ഇവിടെ പറയരുത് വലങ്കൈ എൻ്റെ വലങ്കൈ ചെയ്യുന്നത് എൻ്റെ ഇടം കൈ അറിയരുത് അങ്ങനെ ഒക്കുമോ കാര്യം എൻ്റെ വലങ്കയോ എൻ്റെ ഇടം കയ്യും രണ്ടും എൻ്റെ തന്നെ ഭാഗമാണ് അപ്പോൾ എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം എൻ്റെ ഒരു ഭാഗം ചെയ്യുന്നത് മറ്റൊരു ഭാഗം അറിയരുതെന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ആത്മീയമായ നിലയിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ എനിക്കറിയാതെ ചെയ്യാനൊക്കെ അല്ല തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞോണ്ട് തന്നെയാണ് ചെയ്യുന്നത് എൻ്റെ ഫലം കൈ അറിഞ്ഞോണ്ട് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ അതെൻ്റെ എൻ്റെ ഈഗോ അറിയരുത് എൻ്റെ ഇടം കൈ അറിയരുത് നമുക്കൊക്കെ ഇത് നമ്മുടെ തല തലയിലേക്ക് പോയി നമ്മുടെ തല ചീർപ്പിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തന്നെ നമ്മൾ നമ്മുടെ ഈഗോ നമ്മളെ തന്നെ ഉയർത്തുന്ന നമ്മുടെ ഒരു മനോഭാവം ആ മനോഭാവം എന്തു ചെയ്യരുത് അറിയരുത് അറിയത് ഇതൊരു കൊച്ചു കാര്യമാണോ എളുപ്പമുള്ള കാര്യമാണോ എളുപ്പമുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിരന്തര പോരാട്ടമാണ് പക്ഷേ ഈ വഴിയിൽ രഹസ്യത്തിൽ ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടെ നമ്മളതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ക്രമേണ നമ്മൾ ഇതേ കാര്യം തന്നെ ചെയ്യും വലം കൈ ചെയ്യും പക്ഷേ നമ്മുടെ ഈഗോ നമ്മുടെ പ്രശംസ ഇത് അറിയല അറിയില്ല അറിയില്ല അത് ആ കാര്യത്തിൽ നമ്മൾ ജാഗ്രതയുള്ളവരാണെങ്കിൽ ക്രമേണ ആ കാര്യത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടും ഇതാ രണ്ടാമത് പറയുന്നത് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് സംഭാവന ചെയ്യുന്നതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പിന്നീട് ഉപവസിക്കുന്നതിനെക്കുറിച്ച് ഇവിടെയൊക്കെ പറയുന്നു രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമുക്കെന്താ ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമൊക്കെ പലപ്പോഴും നമുക്ക് കിട്ടേണ്ട പ്രതിഫലം എന്താ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ചിലർ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കും ചിലരെ ചോദിക്കുമ്പോൾ ബ്രതരെ ഒരു വിഷയത്തിൻ്റെ മുഖത്ത് നിൽക്കുക ഇങ്ങനെയൊക്കെയാണ് ചില നമ്മുടേതായ ചില പ്ര പദപ്രയോഗങ്ങൾ ഒരു വിഷയമുണ്ട് വിഷയത്തിൻ്റെ മുഖത്ത് നിന്ന് ശരി വിഷയത്തിൻ്റെ മുഖത്ത് നിന്നു പക്ഷെ എന്താ നിൻ്റെ വിഷയം വിഷയം എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പുതിയൊരു ജോലി കിട്ടണം ഇതാണ് നിന്റെ വിഷയം ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതെന്താ അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നീ അതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പ അവിടെ ദൈവം എന്തു ചെയ്യുമെന്നാണ് പറയുന്നത് നീ അതിനുവേണ്ടി ഉപസിക്കുമ്പോൾ ദൈവം നിനക്ക് അതിന് പ്രതിഫലം തരും നിനക്കതിന് റിപ്ലൈ തരും നിനക്കതിന് റിവാർഡ് തരും ദൈവം അതിന് മറുപടി തരും പ്രാർത്ഥനയ്ക്ക് മറുപടി തരും പ്രാർത്ഥനയ്ക്ക് മറുപടി കണ്ടോ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയുടെ മറുപടി എന്ന് വിചാരിക്കുന്നത് എന്താ ഞാനൊരു കാര്യത്തിന് വേണ്ടി ചോദിച്ചു ജോലിക്ക് വേണ്ടി ചോദിച്ചു അല്ലേ കുഞ്ഞിനൊരു ജോ ഒരു സ്ഥാപനത്തിൽ വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു അത് കിട്ടിയാൽ എന്ത് കിട്ടി മറുപടി കിട്ടി മറുപടി കിട്ടി മറുപടി കിട്ടി എൻ്റെ പ്രാർത്ഥന പ്രതിഫലം കിട്ടി എൻ്റെ ഉപവാസത്തിന് പ്രതിഫലം കിട്ടി മറുപടി കിട്ടി എന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു പക്ഷേ മറുപടി എന്ന് പറയുന്നത് എപ്പോഴും എന്താകണമെന്നില്ല യെസ് എന്നാകണമെന്നില്ല ചിലപ്പോൾ ചില മറുപടി നോയെന്നുമാകാം നമ്മൾ പലപ്പോഴും മറുപടി മറുപടി എന്ന് പറയുന്നത് എന്താ എൻ്റെ ബ്രതറെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ മറുപടി കിട്ടി മറുപടി കിട്ടി മറുപടി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അതിന് റിപ്ലൈ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് യേസ് എന്ന് കിട്ടുമ്പോഴാണ് മറുപടി നോയെ നമ്മളൊരു മറുപടിയായിട്ട് കാണാറില്ല എന്നാൽ നോയും എന്താ നോയും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഒരു മറുപടിയല്ലേ ദൈവത്തിൻ്റെ ഒരു ആൻസർ അല്ലേ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ഈ കാര്യങ്ങൾ എങ്ങനെയാകും അത് ആത്യന്തികമായിട്ട് നമുക്ക് നന്മയാകുമോ എന്ന് നമുക്കറിയില്ല നമ്മൾ അതുകൊണ്ട് എന്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും സകലവും കാണുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കും ആ ദൈവം ചിലതിന് നമുക്ക് യെസ് എന്ന് മറുപടി നൽകും നമുക്കതാണ് താല്പര്യം യേശെന്നുള്ള മറുപടി കിട്ടാനാണ് നമുക്ക് താല്പര്യം അതിനെ മാത്രമേ നമ്മൾ പലപ്പോഴും മറുപടിയായിട്ട് എടുക്കുകയുള്ളൂ എന്നാൽ നോയെന്നും ദൈവം ചിലപ്പം മറുപടി തന്നിരിക്കും കാരണം കാരണം നമുക്കത് അനുവദിച്ചാൽ ചിലപ്പോൾ അത് പ്രയോജനമാവുകയില്ല എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം ചിലതിന് നോ എന്ന് മറുപടി നൽകും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടറിയാവുന്നത് വ്യക്തമായിട്ടറിയാവുന്നത് ദൈവത്തിന് ഇന്നാൾ ഞങ്ങൾ വെള്ളിയാഴ്ച കൂടിയപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഒരു ദൈവഭക്തനെഴുതിയ ഒരു ഉദാഹരണം എവിടെയോ പ്രസംഗിച്ച് ആരോ കേട്ടത് ഞങ്ങളിവിടെ പറയുകയുണ്ടായി അതായത് ഈ നമ്മൾ ഡൽഹി പോലെ അല്ലെങ്കിൽ ബോംബെ പോലെയുള്ള വലിയ വലിയ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ വലിയ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പ്ലാറ്റ്ഫോമിലേക്ക് പല പല പല ട്രാക്കുകളുണ്ട് പക്ഷേ അതിൻ്റെ ഔട്ടറിൽ വരുമ്പം വണ്ടികളെല്ലാം ഇങ്ങനെ പിടിച്ചിട്ടേക്ക് എന്നിട്ട് ചില വണ്ടികളെ മാത്രമാണ് കയറ്റുവിടുന്നു നമ്മൾ കേരളത്തിൽ നിന്നുള്ള വണ്ടിയിൽ നമ്മൾ ഡൽഹിക്ക് പോയി അല്ലെങ്കിൽ ബോംബെക്ക് പോയി ബോംബെയുടെ ഔട്ടറിലെത്തിയപ്പോൾ എന്തോ പറ്റി നമ്മുടെ വണ്ടിയും അവിടെ പിടിച്ചിട്ടു പിടിച്ചിട്ടപ്പം നമ്മൾ വണ്ടിയിൽ ഇരുന്ന് എന്തുവാ ഓ ഇവനൊക്കെ കേരളത്തിൽ നിന്നുള്ള വണ്ടിയോട് അല്ലെങ്കിലും പണ്ട് മുതലേ ഈ ബോംബേക്കാരനൊക്കെ ഒരു ഇതുള്ളതാണ് മറ്റേതെല്ലാം വണ്ടി കയറ്റി വിടുന്നു ഞങ്ങളുടെ വണ്ടി മാത്രം കയറ്റി വിടുന്നില്ല ശരിയാണ് നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് വാസ്തവമുണ്ട് നമ്മൾ രണ്ട് രണ്ടു ദിവസം ഇരുന്ന് വിഷമിച്ച് എങ്ങനെയെങ്കിലും പോകുമ്പോൾ ചെല്ലാൻ വേണ്ടി ചെന്നതാണ് ചെന്നപ്പോഴത്തെ കൗട്ടറിൽ വന്നപ്പം പിടിച്ചിട്ടു പിടിച്ചിട്ടു കയറ്റി വിടുന്നില്ല കയറ്റി വിടുന്നില്ലെന്ന് മാത്രമല്ല നമ്മൾ നോക്കിയിരിക്കുമ്പം വേറെ ചില വണ്ടിയൊക്കെ മറ്റ് ചില പാളത്തെ കൂടെ കയറി പോകുന്നുമുണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോകുന്നുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിതെല്ലാം കേട്ട ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വണ്ടിയിലിരുന്ന് നമ്മൾ എന്തുകൊണ്ട് കയറ്റുവിടുന്നില്ല നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഈ ദൈവദാസൻ അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് അതായത് ഇവിടെ ഈ വണ്ടികൾ വരുമ്പോൾ അതിൻ്റെ എല്ലാ ലൈറ്റും ഈ കാര്യങ്ങളും ട്രാക്കുകളും വ്യക്തമായിട്ട് കാണാവുന്ന സിഗ്നൽ ബോക്സ് എന്ന് പറഞ്ഞിരുന്നുണ്ട് ആ സിഗ്നൽ ബോക്സിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇരുപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ആ സിഗ്നൽ ബോക്സിൽ അദ്ദേഹത്തിന് അറിയാം ഏത് വണ്ടി എപ്പോൾ കയറ്റി വിട്ടാൽ ഇവ തമ്മിൽ കൂട്ടിയിടിക്കാതെ കൃത്യമായിട്ട് പ്ലാറ്റ്ഫോമിൽ വരും എന്നുള്ളത് അദ്ദേഹത്തിനെ അറിയുള്ളൂ അദ്ദേഹത്തിനാണ് ഇതിനെക്കുറിച്ചൊരു ആത്യന്തികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യമുള്ളത് അതുകൊണ്ട് നമ്മുടെ വണ്ടി അവിടെ പിടിച്ചിട്ടേ ഇരിക്കുക ഏ നമ്മളെല്ലാം കൂടെ ബഹളം വെക്കുന്നത് കേട്ട് അദ്ദേഹം വിചാരിക്കാവോ എന്നാൽ എല്ലാ വണ്ടിയും അങ്ങ് കയറ്റി വിട്ടേക്കാം എന്ന് വിചാരിച്ചാലോ ഈ വണ്ടികളെല്ലാം കൂടെ ഒരേ സമയത്ത് വന്ന് ഇടിച്ച് തകർന്നു പോവും പ്രിയപ്പെട്ടവരെ ഈ സിഗ്നൽ ബോക്സിലിരിക്കുന്ന ആളാണ് കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയുള്ള ആൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഭൂമിയുടെ ഈ സ്വർഗത്തിൻ്റെ ഒക്കെ അധിപനായിട്ട് അതിൻ്റെ സിഗ്നൽ ബോക്സിൽ ഇരിക്കുന്ന ഒരാളുണ്ട് അതാരാ ദൈവം ദൈവത്തിനറിയാം നമ്മളിത് അറിയാതെ നമ്മൾ പറയും ആ നമ്മളെ കയറ്റി വിട്ടാലെന്താ നമുക്ക് കേസ് ഒന്ന് മറുപടി തന്നാലെന്താ നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറ്റി വിട്ടാലെന്താ നമ്മൾ ചോദിക്കുക പക്ഷേ ദൈവം എന്തു ചെയ്യും ചിലപ്പം നമ്മുടെ വണ്ടിയെ അവിടെ പിടിച്ചിടും നോ എന്ന് മറുപടി തരും നോ എന്ന് മറുപടി തരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതിഷ്ടമല്ല നമ്മൾ ഉടനെ ഈ വാക്യമൊക്കെ എടുത്തു നോക്കും ഞാൻ പ്രാർത്ഥിച്ചാൽ മറുപടി തരാമെന്നാണ്ട് മത്തായ സുവിശേഷം അഞ്ചാമധ്യായത്തിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നിട്ട് മറുപടി കിട്ടുന്നില്ലല്ലോ സഹോദര നോയെന്നുള്ളത് ഒരു മറുപടിയാണ് നമ്മൾ പലപ്പോഴും നോയെന്നുള്ളതിനെ ഒരു മറുപടിയായിട്ട് കാണാറില്ല പക്ഷേ ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല നോ എന്നുള്ള മറുപടി അത് അവിടെ തന്നെ അതിൻ്റെ ഒരു അവസാനമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവ് ചിലപ്പോൾ നമ്മളോട് നോയെന്ന് പറയും പക്ഷേ നോയെന്ന് പറയുമ്പോൾ തന്നെ അവിടെ കാര്യം തീർന്നില്ല അവിടെ ഒരു കോമായി ഇട്ടിട്ട് കർത്താവ് പറയും നോ പക്ഷേ എൻ്റെ കൃപ നിനക്ക് മതി എന്നൂടെ പറയും എൻ്റെ കൃപ നനക്ക് പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല സംഭവിക്കും ഇന്നിട്ട് രാവിലെ ഞാനൊരു സഹോദരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുടുംബത്തിലുള്ളവരാരും വിശ്വാസത്തിലേക്ക് വന്നില്ല പലരും ഭയങ്കരമായ എതിർപ്പും പല കാര്യങ്ങൾ ഇതിൻ്റെ മധ്യത്തിൽ എന്താ മറുപടി എനിക്ക് പറയാനൊക്കുമോ നമുക്ക് പ്രാർത്ഥിക്കാം നാളെ അവരെല്ലാം വിശ്വാസത്തിൽ വരും എന്ന് പറയാനൊക്കെ നാളെ അവരെല്ലാം വിശ്വാസത്തിൽ വരും ഒരു മിറക്കള് നിറക്കളുണ്ടാകാം നിറക്കൾ ഉണ്ടാകാതിരിക്കുകയില്ല നമ്മൾ തന്നെ എത്രയോ നിറക്കളുകൾ കാണുന്നു അത്ഭുതങ്ങൾ കാണുന്നു പക്ഷേ ചിലപ്പം ദൈവം അങ്ങനെ ഒരു അത്ഭുതം ചെയ്തില്ലെന്നിരിക്കാം ചെയ്തില്ലെങ്കിലും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ചിലതിന്ന്നോ എന്ന് മറുപടി കിട്ടിയാലും കാര്യം അവിടെ അവസാനിക്കുന്നില്ല തുടർന്ന് അവിടെ എന്തോ പറയുന്നു എൻ്റെ കൃപ നിനക്ക് മതി മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻ ഫോർ യു നിങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടല്ലോ കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ ബൈബിളിലെ ഒന്നാമത്തെ വാക്യം എന്തു ഒന്നാമത്തെ വാക്യം ആദ്യയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എല്ലാവർക്കും അറിയാം ആട്ടെ ബൈബിളിലെ അവസാനത്തെ വാക്യം എന്തുവാ ആരും ബൈബിള് തുറന്ന് നോക്കണ്ട ഏഹ് ബൈബിളിലെ അവസാനത്തെ വാക്യം വെളിപ്പാട് പുസ്തകം അവസാന അധ്യായം അവസാനത്തെ വാക്യം ആദ്യത്തെ വാക്യം അറിയാമെങ്കിൽ അവസാനത്തെ വാക്യം നമുക്കറിയണമല്ലോ അവസാനത്തെ വാക്യല്ലേ നമ്മളപ്പം വിചാരിക്കും വെളിപ്പാട് പുസ്തകം തീരുകയല്ലേ വെളിപ്പാട് പുസ്തകം തീരുന്നു കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ അവർ ആ ആമയും കർത്താവേ വേഗം വരണമേ എന്നായിരിക്കും അങ്ങനാന്നു നമ്മൾ വെളിപ്പാട് പുസ്തകം എന്നെടുത്ത് നോക്കിയട്ടെ വെളിപ്പാട് പുസ്തകത്തിലെ അവസാനത്തെ ആ വാക്യം ഒന്ന് നോക്കാം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപതാമത്തെ വാക്യം നമ്മളിപ്പോൾ പറഞ്ഞ ആമയും കർത്താവായി യേശുവേ വരണമേ എന്ന് തന്നെ പക്ഷെ അത് കഴിഞ്ഞ് ഇരുപത്തൊന്നിൽ പറയുന്നത് കേട്ടോ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാണ് ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കുക നമ്മൾ വിചാരിച്ചത് ഏ കർത്താവെ വേഗം വരണമേ എന്ന് പറഞ്ഞ് തീർക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ അങ്ങ് രേഖപ്പെടുത്താനും തുടങ്ങിയെന്ന തുടങ്ങിയെന്നിരിക്കട്ടെ പക്ഷേ പരിശുദ്ധാൽമാവിന് നമ്മളെ അറിയാം ഈ പുസ്തകം എടുത്തുകൊണ്ട് ഈ കറുത്ത പുസ്തകം എടുത്ത് കക്ഷത്തിൽ വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വായിക്കുന്ന ആരാ നമ്മളെപ്പോലുള്ള ആളുകളാണ് നമ്മുടെ അറിയാവുന്നതുകൊണ്ട് നമ്മുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഈ പുസ്തകമെടുത്ത് പലതും വായിച്ച് പല വാഗ്ദാനങ്ങളും ഒക്കെ നമുക്കായിട്ട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക ഏ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തേച്ച് ഈ വാഗ്ദാനം ഒന്നും കിട്ടാതെ വരുമ്പോൾ നമുക്ക് എന്തോ പലതിനും മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് വിഷമം വരാം നമുക്ക് പ്രയാസം വരാം അപ്പോഴും ഇവരെ വിശ്വാസത്തിൽ നിലനിർത്താൻ ഒരു വാക്യം കൂടെ ഞാൻ ചേർക്കട്ടെ പരിശുദ്ധാൽ ഒരുപക്ഷെ തൃത്ത് പിതാവിനോടും പുത്രനോടും ചോദിച്ചു ചോദിച്ചു കാണും ആവൻ കറുത്താവേ വേഗം വരണമേ എന്ന് പറഞ്ഞ് നിർത്തിയതാ അന്നേരം പറയുക ഇവർ കൂടെ പ്രയോജനമായിട്ട് ഇവരെ മുന്നോട്ട് ഉത്സാഹിപ്പിക്കത്തക്കവണ്ണം ഒരു കാര്യം കൂടെ ഒരു വാക്യം കൂടെ ചേർക്കട്ടെ എന്താ ചേർക്കേണ്ടത് കൃപ കൃപ കൃപ നമ്മുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ദൈവം അവസാനത്തെ വാക്യത്തിൽ നമ്മളോട് പറയുന്നു എന്ത് വേണം നിനക്ക് കൃപ വേണം കൃപ എന്ന് പറഞ്ഞാൽ എന്താ ഇനി ഇത് എന്താ ഈ കൃപ കൃപയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ആ ദൈവത്തിൻ്റെ ശക്തിയാണത് ശക്തിയാണ് ഈ കാര്യം വ്യക്തമാക്കുന്ന ഒരനുഭവം നമുക്ക് പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയുമല്ലോ രണ്ട് കൊരിന്തയർ അതിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായം രണ്ട് കൊരിന്ദിയർ പന്ത്രണ്ടാമത്തെ അധ്യായം എനിക്ക് ജഡത്തിൽ അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ എന്ത് ചെയ്തു അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് കർത്താവിനോട് അപേക്ഷിച്ചു മൂന്ന് കർത്താവിനോട് അപേക്ഷിച്ചു അവനെന്നോട് അവനെന്തോ ചെയ്തു കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ കർത്താവ് അതിന് യേസ് മറുപടി നൽകിയതാണോ അല്ല നമുക്കറിയാം നോയെന്നാണ് അവിടുത്തെ മറുപടി നോയെന്നാ മറുപടി പക്ഷെ അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും പ്രിയപ്പെട്ടവർ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കണ്ടു കൃപ കൃപ എന്തോ ചെയ്യും കൃപ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാര്യം വരാതിരിക്കുമ്പോൾ ഈ വിശ്വാസം വിട്ടുകളഞ്ഞു പോകാതിരിപ്പാൻ നമ്മളെ സഹായിക്കുന്ന ശക്തിയാണ് ശക്തിയാണ് കൃപ എൻ്റെ കൃപ നിനക്ക് മതി ആ കൃപയെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ശക്തിയാണ് എന്ന് പറയുന്നത് കണ്ടോ അവിടെ ആ കൃപയോട് ചേർത്ത് എന്റെ കൃപ എന്നൊക്കെ ആ കർത്താവ് പറഞ്ഞിരിക്കുന്നത് മൈഗ്രൈസ് എൻ്റെ കൃപ നിനക്ക് ക്രിസ്തുവിന്റെ ശക്തി പ്രിയപ്പെട്ടവര് നമുക്ക് വേണ്ടത് ചിലതിന് നോ എന്ന മറുപടി കിട്ടുമ്പോൾ അത് അവിടെ തന്നെ അതിൻ്റെ ഒരു അവസാനമല്ല അതിനോട് ചേർത്ത കർത്താവ് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മളെ നമുക്ക് കൃപ തരാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ശക്തി തരാൻ ഓ കർത്താവെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല മറുപടി എങ്കിലും ഞാൻ നിന്നെ വിട്ട് പോവുകയില്ല അയ്യോപ് പറഞ്ഞു അയ്യോപ് എന്താ പറഞ്ഞത് അയ്യോബ് പറഞ്ഞത് ദൈവമേ അവന് പല കാര്യങ്ങൾ ആഗ്രഹിച്ചു പല കാര്യങ്ങളവൻ പ്രതീക്ഷിച്ചു ഞാൻ എന്തു ചെയ്യല ഒടുവിലവൻ പറയുന്നു ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടു പോവുകയില്ല ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത് പക്ഷേ ഞാൻ എന്തു ചെയ്യയില്ല എൻ്റെ കർത്താവിനെ വിട്ടുപോകയില്ലാതാണ് കൃപ കൃപ എന്ന് പറയുന്നത് ഗ്രേസ് നമുക്കും വേണ്ടത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കൃപയാണ് ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറുപടി ലഭിച്ചെന്നില്ല ലഭിച്ചെന്ന് വരികയില്ല എങ്കിലും നമുക്ക് കൃപ മതി ദൈവം എന്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മറുപടി തരുന്നില്ല ദൈവത്തിനറിയാം ഇത് ആത്യന്തികമായിട്ടിവന് നന്മയാവുകയില്ല നമ്മൾ നേരത്തെ വായിച്ച അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിന് പല കാര്യങ്ങളവിടെ പറയുന്നുണ്ട് അവിടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഏഴാം അധ്യായത്തിലേക്ക് വന്നിട്ട് ഏഴാം അധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങളിലും പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് അവിടെ പറയുന്നത് യാചിപ്പനി എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും കർത്താവ് നേരത്തെ പ്രാർത്ഥനയെക്കുറിച്ച് ഈ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ലേ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞു കാര്യം ആറാം അധ്യായത്തിൽ നോക്കുക ആറാം അധ്യായത്തിൽ നമ്മൾ മുമ്പേ വായിച്ചെടുത്ത് അതിൻ്റെ ആറിൻ്റെ അഞ്ച് മുതൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് തന്നെയല്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് ഈ പർവ്വത ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ് പറഞ്ഞ കർത്താവ് എന്തോ ചെയ്യുന്നു ആ പർവ്വത പ്രസംഗം തീരാറായപ്പം വീണ്ടും പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു ഏ കർത്താവ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണോ ആവർത്തിച്ചു പറയണോ എന്തിനാണ് കർത്താവ് ഇവിടെ ആവർത്തിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്കിങ്ങനെ ചിന്തിക്കാം പ്രാർത്ഥനയെക്കുറിച്ച് നേരത്തെ പറഞ്ഞപ്പം ആളുകൾ വിചാരിച്ച് കാണും എല്ലാത്തിനും മറുപടി കിട്ടും എന്ന് വിചാരിച്ച് കാണും അതുകൊണ്ട് ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഊന്ദി പറയണമെന്ന് വിചാരിച്ച് കർത്താവ് പിന്നെയും പ്രാർത്ഥനയെക്കുറിച്ച് പറയുക പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏഴിലെന്താ നമ്മൾ വായിക്കുന്നത് യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും ഇതൊരു സംശയത്തിനിട കൂടാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്നും അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്നും മുട്ടിയാൽ തുറക്കുമെന്നും തന്നെ ആണല്ലോ അല്ലാതെ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന പോലെ ദൈവഹിതമല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടുകയില്ല എൻ്റെ കൃപ മതി എന്ന് അതിനോട് ചേർത്ത് പറയും എന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഈ വാക്യം വായിക്കുമ്പോൾ അങ്ങനെ അല്ലല്ലോ ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ പറയുക യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും കിട്ടും കിട്ടുമെന്ന് തന്നെ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും അപ്പോൾ പിന്നെന്താ നമ്മൾ മുമ്പേ ചോദിച്ചിട്ട് കിട്ടാഞ്ഞതെന്താ പ്രിയപ്പെട്ടവരെ ഈ വാക്യത്തിൽ ഈ വാക്യം നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുത്ത് നോക്കുക നമ്മൾ യാചിക്കുന്നതിനെല്ലാം നമുക്ക് കിട്ടാറുണ്ടോ അന്വേഷിക്കുന്നതെല്ലാം കണ്ടെത്താറുണ്ടോ മുട്ടുന്നതെല്ലാം തുറക്കാറുണ്ടോ നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തിൻ്റെ ഒടുവിൽ നമ്മൾ സഭയായിട്ട് നമ്മുടെ ഒരു പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവി ഈ സഹോദരന് വേണ്ടി അസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിന് കണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണേ എന്നൊക്കെയായിരുന്നു പ്രാർത്ഥന പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അദ്ദേഹം ഈ ലോകം വിട്ട് കടന്നുപോയി കടന്നുപോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഏഴാമത്തെയും ഏഴാമത്തെ വാക്യം വായിക്കും യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും നമ്മൾ യാച്ചതല്ലേ എന്നിട്ട് കിട്ടിയോ കിട്ടിയില്ലല്ലോ അപ്പോൾ കർത്താവ് വാക്ക് പറഞ്ഞേച്ച് മാറുമോ ഇതൊരു ഭംഗി വാക്ക് പറഞ്ഞതാണോ എന്താ ഇതിൻ്റെ പൊരുൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില കാര്യങ്ങൾക്ക് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ യേസ് എന്നും മറുപടി കിട്ടുകയില്ല പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കിട്ടും കിട്ടുമെന്ന് തന്നെയാണല്ലോ അപ്പം ഇതെന്താണ് ഓ ഞാൻ എൻ്റെ വാക്കുകളെങ്ങനെ അവസാനിപ്പിക്കാം ഈ പറയുന്ന കാര്യങ്ങൾ യാചിപ്പീൻ എന്നാൽ കിട്ടും അന്വേഷിപ്പീൻ കണ്ടെത്തും മുട്ടുമീൻ എന്നാൽ തുറക്കുമെന്ന് പറയുന്നത് താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കൊരു വ്യക്തത അങ്ങനെ ദോഷികൾ പതിനൊന്നാമത്തെ വാക്യം അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും നന്മ എത്രയധികം കൊടുക്കും ഈ വാക്യത്തെ നമ്മൾ വാക്യത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേ വാക്യം എടുത്ത് മറ്റൊരു തരത്തിൽ ഒരു അല്പവ്യത്യാസത്തോടെ പറയുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യം അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും അപ്പോൾ ഇവിടെ എന്താ കണ്ടത് അപ്പോൾ ഇവിടെ മറ്റിടത്ത് മത്ത എഴുതിയ സുശേഷത്തെ നമ്മൾ കണ്ടത് നന്മ എത്രയധികം കൊടുക്കുമെന്ന് ഇതിൻ്റെ അകത്തെ നന്മ എന്നുള്ള വാക്ക് മാറ്റി ലൂക്കോസിൽ വന്നപ്പോൾ അവിടെ എന്താ വെച്ചു നന്മ എന്നുള്ളത് മാറ്റി പരിശുദ്ധാത്മാവെന്ന് ചോദിച്ചു അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളെ നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പറയാം ദൈവം പരിശുദ്ധാത്മാവ് ബന്ധപ്പെട്ട നമ്മുടെ യാചനകളെക്കുറിച്ചാണ് ഇവിടെ ഏഴ് മുതൽ ഏഴിൻ്റെ ഏഴ് മുതൽ പറയുന്നത് ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട പരിശുദ്ധാത്മാവ് കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ അതല്ല ആ അത് അതല്ല പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ ഉദവികളെക്കുറിച്ചാണ് അവിടെ മൂലഭാഷയിൽ അങ്ങനെയാണ് പറയുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതായത് അവിടുത്തെ പരിശുദ്ധാത്മാവ് എന്നുള്ളത് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൂടാതെ ദി എന്നൊരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൂടാതെ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞിരിക്കുക അങ്ങനെ മൂലഭാഷയിൽ പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനെ അല്ല പരിശുദ്ധാത്മാവിൻ്റെ ഉദവികളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് പോട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം യാചിപ്പീൻ എന്നാൽ നമുക്ക് കിട്ടും അന്വേഷിപ്പീൻ കണ്ടെത്തും മുട്ടുവീൻ തുറക്കുമെന്നുള്ളത് ആത്മീയതയുമായി ബന്ധപ്പെട്ട നമ്മുടെ യാചനകൾക്ക് അതിനോട് ചേർത്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഭൗതികതയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളോട് ചേർത്തല്ല പറഞ്ഞതാ വ്യക്തമായോ പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മീയമായ കാര്യങ്ങളിൽ നമുക്കൊരു ആവശ്യമുണ്ട് കാരണം താവി ഞാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പൊട്ടിത്തെറിക്കുന്നവനെ ഓ ചായക്ക് ചൂടില്ലെന്ന് പറഞ്ഞ് ഭാര്യ കൊണ്ടുവന്ന് വെക്കുന്ന ഗ്ലാസ് എടുത്ത് എറിയുന്നവനാ പക്ഷേ എനിക്കെന്താ വേണം എനിക്കെൻ്റെ മുൻകോപത്തിൽ നിന്നൊരു ഒരു വിടുതൽ വേണം അതൊരാത്മീയമായ ആഗ്രഹമാണ് അല്ലേ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാനായിട്ട് ഉള്ള ഒരു നിർബന്ധത്തിലാണ് നമ്മൾ നമ്മുടെ മുൻകോപം നമ്മുടെ പണത്തോടുള്ള സ്നേഹം നമ്മുടെ കണ്മോഹം ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ യാചിച്ചാൽ യാചിച്ചാൽ പറയുമ്പോൾ അവിടെ കേവലം ഒരു പാസ്റ്റെൻസിലുള്ള ഒരു പ്രയോഗമല്ലെന്നാണ് പറയുന്നത് അത് പ്രസൻറ്റ് കണ്ടിന്യൂസ്ലി ഉപയോഗിച്ച് ഉപയോഗിച്ചിരിക്കുകയാണ് ഇംഗ്ലീഷിലും മറ്റ് മൂലഭാഷകളിലും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ യാചിച്ചുകൊണ്ടേ എന്നാൽ നിങ്ങൾ കിട്ടും അന്വേഷിച്ചുകൊണ്ടേ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടിക്കൊണ്ടേ കണ്ടിന്യൂസ് സ്പെൻസാണ് പ്രസൻ്റെ കണ്ടിന്യൂസ് സ്പെൻസാണ് നമ്മൾ നിരന്തരം ആ കാര്യത്തിന് വേണ്ടി കർത്താവെ എൻ്റെ മുൻകോപം കർത്താവ് എൻ്റെ പണസ്നേഹം കർത്താവ് എൻ്റെ കൺമോഹം അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ എനിക്ക് ആളുകളെ സ്നേഹിക്കാനൊക്കാത്തത് കർത്താവ് എനിക്ക് കൂടുതൽ ക്ഷമ വേണം എന്നെ പണ്ട് കളിപ്പിച്ച ആളിനെ ഇപ്പോൾ കാണുമ്പോഴും എനിക്ക് ഉള്ളിൽ നിന്നും വലിയ പ്രതികാരം വരിക കർത്താവ് അതിൽ നിന്നൊരു മോചനം വേണം ഇങ്ങനെയുള്ള ആത്മീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാൽ യാചിച്ചുകൊണ്ടേയിരുന്നാൽ അന്വേഷിച്ചു കൊണ്ടേയിരുന്നാൽ മുട്ടിക്കൊണ്ടേയിരുന്നാൽ അതിന് മറുപടി ലഭിക്കും എന്നാണ് അവിടെ ആ വാക്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് അതും നമ്മുടെ ഒരു ആവശ്യമാണ് നമുക്ക് അതൊക്കെ വേണ്ടി നമുക്ക് മുട്ടിക്കൊണ്ടേയിരിക്കാം നമ്മൾ ഒരു വട്ടം പ്രാർത്ഥിച്ചു കർത്താവേൻ്റെ മുൻകോപം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഉച്ചയ്ക്ക് മീറ്റിംഗ് കഴിഞ്ഞ് ചെന്നപ്പോൾ പിന്നെയും ഭാര്യയോട് വഴക്കായി ഓ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചല്ലോ പിന്നെ മറുപടി കിട്ടിയില്ലല്ലോ നിന നീ പുസ്തകം വായിച്ചു നോക്ക് യാചിച്ചുകൊണ്ടേ ഇരിപ്പീൻ ഇന്നല്ലെങ്കിൽ നാളെ ആ കാര്യം ശരിയാകും ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ പലരോട് ചോദിച്ചു നോക്ക് അവർക്കൊക്കെ സത്യസന്ധമായിട്ട് പറയാനുള്ളത് ബ്രേറെ എനിക്ക് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല ഇന്ന കാര്യത്തിലൊക്കെ എനിക്ക് വീഴ്ച ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം ആ കാര്യത്തിൽ എനിക്ക് വിജയം തന്നു എന്ന് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന സഹോദരന്മാരും സഹോദരിമാരുമുണ്ട് നമ്മൾ ആ കാര്യത്തിനായിട്ട് ജാഗ്രതയോടെ അതിനെക്കുറിച്ച് എബ്രഹിം ലേഖനത്തിൽ നമ്മൾ കാണുന്ന ആ വാക്യം എബ്രാഹിം ലേഖനം പതിനൊന്നാമധ്യായത്തിൽ ഈ കാര്യത്തിന് വേണ്ടി അന്വേഷിക്കുന്നവരെക്കുറിച്ച് ദൈവം അതിൻ്റെ ആറാമത്തെ വാക്യം പതിനൊന്നിൻ്റെ ആറ് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും പ്രതിഫലം കൊടുക്കുന്നു ഡിലിജൻലി സീക്കിംഗ് ഡിലിജൻലി സ്പീക്കിംഗ് എന്നാണ് നമ്മളവിടെ കാണുന്നത് മലയാളത്തിൽ അന്വേഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് വേണ്ടത് തീഷ്ണതയോടെ അന്വേഷിക്കുന്നവർക്ക് തീഷ്ണതയോടെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും ഓ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം തരുന്നതിനെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് ദൈവം പ്രതിഫലം തരും സഹോരാ സഹോരി അതുകൊണ്ട് നിന്നെ ധൈര്യപ്പെടുത്താൻ നമുക്ക് ധൈര്യമായിട്ട് നമുക്കൊരു കാര്യം പറയാം ആത്മീയമായ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ തീഷ്ണതയോടെ അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ ഒടുവിൽ ദൈവം നമുക്കതിന് പ്രതിഫലം തരും അതിന് മറുപടി ലഭിക്കും ആ കാര്യത്തിൽ നമുക്ക് ധൈര്യപ്പെടാം എന്നാൽ അപ്പോഴും മറ്റേ കാര്യമുണ്ടല്ലോ നമ്മൾ ആത്മീയ ജീവികൾ മാത്രമല്ല ഏഹ് ഞാനൊരു സൂപ്പർ സ്പിരിച്വൽ പ്രസംഗം നടത്തി പോകാനല്ലേ ഇരിക്കുന്നു നമ്മളെന്താ നമ്മൾ രണ്ട് കാലമുള്ള മനുഷ്യരാ നമ്മളെപ്പോഴും പറയാറുള്ള രണ്ട് കാലുള്ള മനുഷ്യരാണ് ഈ ഭൂമി നടക്കുന്നവരാ നമുക്കെന്താ വേണം നമുക്ക് ഭൗതികമായ കാര്യത്തിനും മറുപടി പല കാര്യങ്ങൾക്കും വേണം ആ കാര്യങ്ങൾക്ക് നമുക്ക് ആരോട് ചോദിക്കാനേ ഉള്ളൂ പിതാവിനോട് ചോദിക്കാം പിതാവ് യെസ് യെസ് യെസ് എന്ന് പലവട്ടം എനിക്ക് നിനക്ക് മറുപടി തന്നിട്ടുണ്ട് എന്നാൽ ചിലപ്പം നോ എന്ന് മറുപടി തന്നാൽ പിണങ്ങല്ലേ പെണങ്ങല്ലേ നോ എന്ന് പറഞ്ഞ കർത്താവ് അവിടെ നിർത്തുന്നില്ല അതിനോട് ചേർത്ത് എന്താ പറയുന്നു മൈ ഗ്രേസീസ് സഫിഷ്യൻറ്റ് ഫോർ യു പൗലോസിനോട് അത് പറഞ്ഞു ആർക്കെങ്കിലും പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ വരുന്നെങ്കിൽ അത് ആർക്കാണ് കൊടുക്കാവുന്നത് പൗലോസിനെ പൗലോസന് പക്ഷേ ആ പൗലോസിനോട് പോലും കർത്താവ് പറഞ്ഞു നീയെ ഇല്ല ഇതിന് ഇന്നോന്നാണ് മറുപടി പക്ഷേ പൗലോസ് അവിടെ തന്നെ ഒരു കാര്യം കണ്ടെത്തി എന്താ നിൻ്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെയും നമുക്ക് അതാണ് ആവശ്യം നമുക്ക് ദൈവത്തോട് ചോദിക്കാം ദൈവമേ ഈ വഴിയെന്ന് പറയുന്നത് പെട്ടെന്നങ്ങ് തീരുന്നതല്ല നമ്മൾ പല വർഷങ്ങൾ നടക്കുന്നത് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല വരുന്നത് ചിലരൊരു ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കുന്നത് പോലെ അവിശ്വാസത്തിലേക്ക് വരുന്നത് ഭാഗ്യക്കുറി ടിക്കറ്റ് എടുത്തു ആ ഇത് സമ്മാനം അടിച്ചു എന്ന് പറഞ്ഞ പോലെ ചോദിക്കുന്നതിനെല്ലാം മറുപടി കിട്ടുന്ന ഒരു ദൈവത്തെ അന്വേഷിച്ചാണ് ഈ പക്ഷേ പ്രായോഗികമായ നടപ്പി പലപ്പോഴും അങ്ങനെയല്ല റിയലിസ്റ്റിക്കായിട്ട് യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ നോക്കിയാൽ ചിലതിനങ്ങനല്ല അപ്പോഴെന്താ നമുക്ക് വേണ്ടത് ആ സമയത്ത് നമുക്ക് വേണ്ടത് കൃപയാണ് കൃപയാണ് ഞാനൊരു വാക്കുകൂടെ പറഞ്ഞ് എൻ്റെ വാ വാക്കുകളെ അവസാനിപ്പിക്കാം യാക്കോവിൻ്റെ ലേഖനം നാലാമധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം അവിടെ നമ്മൾ കാണുന്നു അവിടെ അതിൻ്റെ ആറാമത്തെ വാക്യം ആറാമത്തെ വാക്യം ദൈവനികളുകളോട് എതിർത്ത് നിൽക്കുകയും കൃപ നൽകുകയും ചെയ്യും അപ്പം കൃപ കിട്ടും കൃപ കിട്ടും പക്ഷേ കൃപ കിട്ടാൻ അവിടെയും നമ്മുടെ ഒരു പങ്കാളിത്തമുണ്ട് നമ്മുടെ പങ്കാളിത്തം എന്താ നമ്മുടെ പങ്കാളിത്തം നമ്മൾ താഴ്മ താഴ്മ ഓ ഒന്നു പറഞ്ഞ് കിട്ടാതെ വരുമ്പോൾ ദൈവത്തോടും സഭയോടും സൗരന്മാരോടും ഒക്കെ ഇടറിപ്പോയാൽ അത് കാണിക്കുന്നത് എന്താ നീ നിഗളിയാണെന്നുള്ളതാണ് കാണിക്കുന്നത് അതേസമയം താഴ്മയോടെ താഴ്മയോടെ താഴ്മയോടെ പിന്നെയും നിന്നാൽ ദൈവന്തിയും അവിടെ കൃപ നമുക്ക് തരും ഈ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള നമ്മളെ ബോട്ടിൻ്റെയൊക്കെ ഉദാഹരണം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ഒരാൾ ബോട്ടേ പോവുകയായിരുന്നു ബോട്ടേ പോയപ്പം എന്താ ആ പോകുന്ന വഴിക്കൊണ്ട് ഒരു വെള്ളത്തിന് എൻ്റെ മുകളിൽ ഒരു ഫിത്തി പോലെ ഒരു സിമെൻ്റ് കൊണ്ടുള്ള ഒരു കാര്യം ഉയർന്നു നിൽക്കുന്നു ബോട്ട് മുകളിൽ പോകുകയില്ല പോട്ട് പോവുകയില്ല ഉടനെ ആളിരുന്ന് പ്രാർത്ഥിക്കുക എന്തോ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ ഫിത്തി ഉടനെ ഇടിഞ്ഞ് വെള്ളത്തിനടി താണു പോകണം കാരണം എൻ്റെ ബോട്ട് മുന്നോട്ട് പോകണമല്ലോ ഈ ഫിത്തി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ബോട്ട് പോകാൻ അതുകൊണ്ട് ഈ ഫിത്തി എന്തോ വേണം ഫിത്തി ഇടിയണം ഫിത്തി ഇടിയണം ഫിത്തി ഇടിയണം ഒരൊറ്റ ആവശ്യമാണ് പ്രാർത്ഥനാ ഉപവാസം ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം ഏഴ് ദിവസത്തെ ഉപവാസമൊക്കെ നടക്കുക എന്താ ആവശ്യം ഫിത്തി ഇടിയണം നീ ഉപവാസം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഫിത്തി നോക്കിയപ്പോൾ ഫിത്തി പിന്നെ അവിടെ തന്നെ ഉണ്ട് ഉടനെ കർത്താവ് അവനോട് ചോദിച്ചു മോനെ ഫിത്തി നിനക്ക് മുന്നോട്ട് പോയാൽ പോരായോ അതിന് ഫിത്തി ഇടിയണമെന്ന് തന്നെ ഉണ്ടോ ഞാൻ ഈ വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ നിരപ്പ് ഫിത്തിയുടെ മുകളിൽ കൊണ്ടുവന്നാലും നിൻ്റെ ബോട്ടിന് മുന്നോട്ട് പോകാമല്ലോ അപ്പോഴാണ് ഇവന് തോന്നിയത് എടാ അതൊരു ഐഡിയ ആണല്ലോ നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നുകയില്ല നമ്മുടെ വിചാരം ഈ പ്രശ്നത്തിന് ആ അത് പ്രശ്നം മാറി മറുപടി കിട്ടണമെന്ന് എന്നാൽ പ്രശ്നം അവിടെ നിൽക്കത്തന്നെ അതിനെ അതിജീവിക്കുന്ന കൃപയുടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ നിനക്കിതിൻ്റെ മുകളിൽ കൂടെ പോയാൽ മതിയല്ലോ പ്രിയപ്പെട്ടവരെ പ്രയാസപ്പെട്ട പ്രയാസമുള്ള ഭാര്യമാർ അല്ലെ കുഴപ്പം പിടിച്ച ഭർത്താക്കന്മാർ അല്ലെങ്കിൽ മക്കള് ഇവർക്കൊക്കെ വേണ്ടി എത്രയോ വട്ടമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും മറുപടിയില്ല അതാണോ സഹോദര നിന്റെ പ്രശ്നം സഹോദരി നിന്റെ പ്രശ്നം ആണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക പിന്നെയും പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ദൈവത്തിനൊരു അത്ഭുതം ചെയ്യാൻ ഒക്കും അവർക്കൊരു മാനസാന്തരം നൽകാൻ ഒക്കും അഥവാ മാനസാന്തരം അവർക്ക് അവർക്ക് ലഭിച്ചില്ലെങ്കിലോ അവിടെ കൊണ്ട് നിന്റെ ക്രിസ്ത്യൻ ജീവിതം അവസാനിക്കണ്ട ആ ഭിത്തിയെ തട്ടി നിൽക്കണ്ട അതിനെ കവിയുന്ന ദൈവകൃപ ആ വെള്ളത്തിൻ്റെ അളവ് അതിനെ കവിഞ്ഞു കഴിയുമ്പോൾ നിന്റെ ബോട്ടിന് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒക്കും പക്ഷെ ആ വെള്ളത്തിൻ്റെ ലെവൽ ഉയരണോ എന്നുള്ളത് നീയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കൂടെ ആശ്രയിച്ചിരിക്കുന്നു താഴ്മയുള്ളവിടത്ത് ദൈവം കൃപ നൽകും നമുക്ക് ദൈവസന്നിധിയിൽ നോക്കി നമുക്ക് കേട്ട കാര്യങ്ങളോടുള്ളത് നമ്മളെ തന്നെ